സ്വതപ്രാമാണെന്ന് പറയുന്നിടത്ത് പ്രാമാണ്യം എന്ന് പറഞ്ഞ എന്താർത്ഥം അതിന്റെ ഇന്നലെ പറഞ്ഞു മുഴുവൻ വെള്ളത്തിലായി വെള്ളത്തിൽ വരച്ച വരപോലെയായി ഇന്നലെ ഞാൻ പറഞ്ഞാണ് പ്രാമാണ്യം പ്രമാത്വം മയുടെ യാഥാർത്ഥ്യം എന്നും പറയാം ഒരറിവിൽ എന്തുവരുന്നു പ്രമാത്വം അല്ലെങ്കിൽ പ്രാമാണ്യം വരുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതൊന്നുമല്ല വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നു ഒരു പ്രമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം യഥാർത്ഥമായ ജ്ഞാനം ആ യഥാർത്ഥ ജ്ഞാനത്തിൽ പ്രമാത്വം ഇരിക്കുന്നു പ്രമ എന്നു പറയുന്നത് ധർമ്മിയും അതിലിരിക്കുന്ന പ്രമാത്വം അല്ലെങ്കിൽ പ്രാമാണ്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താവും ധർമ്മവും അപ്പൊ പ്രഹ്മയുടെ ധർമ്മമാണ് പ്രമാത്വം അല്ലെങ്കിൽ പ്രാമാണ്യം അല്ലെങ്കിൽ പ്രമയുടെ യാഥാർഥ്യമാണെന്നും പറയാം അതാണ് പ്രാമാണ ഒരു ജ്ഞാനം ഉണ്ടാകും ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് പല സാമഗ്രികളും വേണം ഇന്ദ്രിയാർത്ഥ സന്നികർഷം പോലെയുള്ള സാമഗ്രികൾ പലതും വേണം അതുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാവുക ഉണ്ടാകുന്നതിനുള്ള സാമഗ്രികൾ എന്താണോ ജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള സാമഗ്രികൾ ആ സാമഗ്രികൊണ്ട് ആ ജ്ഞാനത്തിലെ പ്രമാത്വത്തെ ഗ്രഹിക്കുകയാണെങ്കിൽ അതിനാണ് സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത് അങ്ങനെ പറയുന്ന ആ സിദ്ധാന്തത്തെ എന്താണോ ജ്ഞാനം ഉണ്ടാകുന്ന സാമഗ്രികൾ കൊണ്ട് തന്നെ ജ്ഞാനത്തിലുള്ള പ്രമാത്വത്തെ പ്രാമാണ്യത്തെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെയും ഗ്രഹിക്കാം എന്ന് പറയുന്നതിനാണ് എന്ന് സ്വതപ്രാമാണമെന്ന് പറയുന്നത് അങ്ങനെ എന്താ ഒരു ജ്ഞാനത്തിൽ വരുന്ന പ്രമാത്വത്തെ ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന സാമഗ്രികൾ കൊണ്ടല്ല ഗ്രഹിക്കേണ്ടത് മറ്റ് എന്തെങ്കിലും സാമഗ്രിക ഉണ്ടാണ് എന്തു വന്നു കഴിഞ്ഞാൽ എന്ന് പറയുകയാണെങ്കിൽ അതിന് എന്ത് പറയും സ്വതപ്രാമാണമെന്ന് പറയുന്നിടത്ത് ആ ജ്ഞാന ഗ്രാഹക എന്താണോ ഞാന ഗ്രാഹകമായി പറയുന്നുണ്ടായിരുന്നു അത് കൊണ്ട് തന്നെ എന്ന് പറയും പ്രാമാന്യത്തെയും ഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അതിന് മീമാംസകരന്മാർ എന്ന് പറയുന്നു എന്നാ പറഞ്ഞു അപ്പൊ അവിടെ തന്നെ കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിക്കുമ്പം ഞാനത്തെ ഇപ്പൊ ഞാനുണ്ടാകും ഇതം ജലം എന്ന് പറയുന്നവർ ജ്ഞാനുണ്ടാകും ഇതം ജലം അങ്ങനെയൊരു ജ്ഞാനം ഉണ്ടാകും ജ്ഞാനം ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്ന സന്വേഷം പോലെയുള്ള പല കാരണങ്ങളും ഉണ്ടായി അതിൽ നിന്നും ജലമെന്നുള്ള ജ്ഞാനം ഉണ്ടായി ഇവിടെ ആദ്യം അഭിപ്രായം നോക്കാം ഈ ജ്ഞാനത്തെ ഗ്രഹിച്ചതെന്താണ് നൈയായികന്മാർ പറയുന്നത് എന്താണ് പല ഇന്ദ്രിയാർത്ഥ സന്നിധർഷം പോലെയുള്ള പല ഗ്രാഹകങ്ങൾ കൊണ്ടാണ് ജ്ഞാനം ഉണ്ടായത് ആ ജ്ഞാനത്തെ ഗ്രഹിച്ചത് എന്താണ് ആ ജ്ഞാനം എന്തിനു വിഷയമാണ് അല്ലെങ്കിൽ ആ ജ്ഞാനത്തെ അറിഞ്ഞതെന്താണ് എന്താണെന്നാണ് നൈയായികന്മാർ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞ അനുവ്യവസായ ജ്ഞാനം എന്നുള്ള ജ്ഞാനത്തിന് അവർ പറയുന്നത് വ്യവസായ ജ്ഞാനം ആ വ്യവസായ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്ന് ആത്മാവിൽ അടുത്തുണ്ടാകുന്ന ഒരു ജ്ഞാനമാണ് ജലം മയാ ജ്ഞാദം എന്ന് പറയുന്ന ഞാനിതിനെ വ്യവസായത്തെ തുടർന്നുണ്ടാകുന്ന ജ്ഞാനമായ അതിനെന്തു പറയുന്നു അനുവ്യവസായി അപ്പൊ ആ അനുവ്യവസായ ജ്ഞാനം കൊണ്ട് വ്യവസായ ജ്ഞാനത്തെ ഗ്രഹിച്ചു അപ്പോ വ്യവസായ ജ്ഞാനം തർക്കന്മാർ പറയുന്നതനുസരിച്ച് ഇന്ദ്രിയാഴ്ച സന്നിവേഷം കൊണ്ട് ആത്മാവിനുണ്ടായി തുടർന്ന് അനുഭവസായ ജ്ഞാനം വന്നിട്ടാണ് അതിനെ വിഷയമാക്കുന്നത് ഏതിനെ ജ്ഞാനത്തെ വിഷയമാണത് അപ്പം അവിടെ ജ്ഞാനമാണ് എന്ത് അനുഭവം ഇതാദ്യം മനസ്സിലാക്കി വെക്കുന്നു ഇനി നയകന്മാർ പറയുന്നത് ആ ജ്ഞാനത്തിൽ ആണ് പ്രമാപ്ത്വമുള്ളത് അല്ലെങ്കിൽ പ്രാമാണ്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യമുള്ളത് ആ ജ്ഞാനത്തിന്റെ യാഥാർത്ഥ്യത്തെ അറിയുന്നത് എന്തുകൊണ്ടാണ് അനുമാനം കൊണ്ടാണ് തൽക്കാലം അനുമാനം ഒന്നെടുക്കുക അനുമാനം കൊണ്ടാണ് അതറിയുന്നത് അതുകൊണ്ടാണ് അവര് പരിതപ്രാമാണവാദികളെന്ന് പറയുന്നത് ജ്ഞാനത്തെ എന്താണോ വിഷയമാക്കിയത് അതല്ല ജ്ഞാനനിഷ്ഠമായ പ്രാമാണത്തെ വിഷയമാക്കിയത് ജ്ഞാനധർമ്മികമായ പ്രാമാണിയോ ജ്ഞാനമാകുന്ന ധർമ്മയിലുള്ള പ്രാമാണിയത്തെ വിഷയമാക്കിയത് എന്താണ് വിഷയമാക്കിയത് അനു അതുകൊണ്ടാണ് അവരെന്തു പറയുന്നത് ഭരതപ്രാമാണവാദികളെന്ന് പറയുന്നത് അതെന്തുകൊണ്ടെന്ന് അവര് പറയുന്നത് ജലജ്ഞാനം ഉണ്ടായി തൽക്കാലം മരുഭൂമിയെടുക്കും മരുഭൂമിയിൽ ജലജ്ഞാനം ഉണ്ടാകും ഇത് സ്പഷ്ടമാവും ജലജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ സംശയമുണ്ടാവും കാരണം മരുഭൂമിയിൽ മരീചിയുണ്ട് അതുകൊണ്ടാണ് സംശയമുണ്ടാവും ഇതം ജലജ്ഞാനം പ്രമാണവ അങ്ങനൊരു സംശയമാണ് ഉണ്ടാവും സംശയമുണ്ടായതിന് ശേഷം അയാൾ എന്ത് ചെയ്യുന്നു ആ ജലത്തിന്റെ സമീപത്തേക്ക് നടക്കുകയോ അതിനെ കോരിയെടുക്കുകയോ കുടിക്കാൻ ശ്രമിക്കുകയോ എന്തെങ്കിലുമൊക്കെ അയാൾ അയാളുടെ ഭാഗത്തു നിന്നൊരു പ്രവൃത്തി ഉണ്ടാവുന്നു കാരണം ഇത് ഉറപ്പ് വരുത്തണ്ടേ ഒരു വ്യക്തിയുടെ നയ്യായികനെന്നല്ല ഏതായാലും ഒരു വ്യക്തി നയ്യായികനെ വ്യാഖ്യാനിക്കേണ്ട പ്രവൃത്തിയുണ്ടാവും അവിടെ ചെന്ന് അപ്പൊ എന്ത് ചെയ്തു അടുവെള്ളം കയറി കുടിച്ചു അവിടെ ദാഹം മാറ്റി അപ്പോ അയാക്കെന്താണ് ബോധ്യമായി നേരത്തെ തനിക്കുണ്ടായ ജലജ്ഞാനം അത് ആ ജ്ഞാനം ജലമല്ല ആ ജ്ഞാനം യഥാർത്ഥമാണ് ഇത് ജലജ്ഞാനത്തിൽ എന്തെയ്യുന്നു പ്രമാപ്ത്വം ചെയ്യും എന്തുകൊണ്ട് നിശ്ചയിക്കുന്നു ആദ്യം അയാൾക്ക് ജലഞ്ജാനം ഉണ്ടായി രണ്ടാമത് സഫലപ്രവൃത്തി ഉണ്ടായി അപ്പോ ആദ്യം ജലജ്ഞാനം അതിനിടയ്ക്ക് സംശയമുണ്ടായി ജലജ്ഞാനം ഉണ്ടായി സംശയമുണ്ടായി സഫലപ്രവൃത്തി ഉണ്ടായി അതിനുശേഷം ുള്ള അയാളുടെ ജ്ഞാനത്തെയാണ് പറയുന്നത് അഭ്യാസ ദിശാപന്നം ജ്ഞാനം അഭ്യാസദിശയിലുള്ള ജ്ഞാനം അവിടെ അയാൾക്കുണ്ടാകുന്ന പ്രാമാണ്യ ജ്ഞാനം എന്ന് പറയുന്നത് അഭ്യാസ ദിശ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവൃത്തി കഴിഞ്ഞു വരുന്നുള്ള ദിശ അവിടെ ഉണ്ടാകുന്ന ജ്ഞാനത്തെയാണ് എന്ന് പറയുന്നത് അഭ്യാസ ദിശാപന്നം ജ്ഞാനം അവിടെയാണ് പ്രാമാണ്യത്തിന്റെ നിശ്ചയം വരെ നേരത്തെ എന്ത് ജ്ഞാനമേ ഉണ്ടായുള്ളൂ ജലജ്ഞാനമേ ഉണ്ടായുള്ളൂ ഇപ്പോ പ്രാമാണി നിശ്ചയം ഉണ്ടായി ഇവിടെ ഏത് ജ്ഞാനത്തില് ഏത് ജ്ഞാനത്തിലാണ് ജലജ്ഞാനം ജലജ്ഞാനമാണ് ധർമ്മി ആ ധർമ്മിയിൽ പ്രാമാണ നിശ്ചയം ഉണ്ടാവും അവിടെ അയാളുടെ അനുമാനം നടത്തുന്നു വിവാദ അധ്യാസിതം ജലജ്ഞാനം അല്ലെങ്കിൽ വിപ്രതിപന്നം ജലജ്ഞാനം എന്ന് പറഞ്ഞാൽ വിപ്രതിപന്നം എന്ന് പറഞ്ഞാൽ ജലജ്ഞാനം ഉണ്ടായതിനു ശേഷം അയാളുടെ മനസ്സിൽ ഒരു വിചാരമുണ്ടായി എന്താണത് പ്രമയാണോ അപ്രമേയാണോ അതുകൊണ്ടാണ് അയാൾ ആ ജ്ഞാനത്തെ കുറിച്ചത് മ്പുണ്ടായ ഏതൊരു ജ്ഞാനമാണോ വിവാദത്തിനാസ്പദമായത് ഈ ജ്ഞാനം ജനജ്ഞാനം പ്രമായാണോ ഹേതു സഫല പ്രവൃത്തിജനകത്വ കേവലം എതിരഹിക്കുകയാണ് കാരണം ജ്ഞാനം ഉണ്ടാകുന്നു സംശയം ഉണ്ടാകുന്നു സഫലപ്രവൃത്തി ഉണ്ടാകുന്നു നിശ്ചയം ഉണ്ടാകുന്നു അനുമതിയിലൂടെ ഇവിടെ ദൃഷ്ടാന്തമായിട്ട് എടുക്കാൻ ഇവിടെ എന്താണ് വ്യതിരേതൃഷ്ടാന്തമേ എന്നെയവും തന്നെയും യഥാ പ്രാമാസ പ്രാമാണ്യാഭാസം എന്ന് പറഞ്ഞാൽ പ്രാമാണബ്രഹ്മ അതുപോലല്ല ഇത് നമ്മൾ പല സ്ഥലത്തും പ്രാമാണിക ഭ്രമം ഉണ്ടായിട്ടുണ്ട് അതുപോലല്ല ഇത് ഇവിടെ എന്താണ് ഇത് വിവാദാസ്പദം ജലജ്ഞാനം പ്രമാര് പ്രമാത്വമുണ്ട് സഫലപ്രവൃത്തി ജനകത്ത് എനിക്കിപ്പോൾ സഫലമായ പ്രവൃത്തിയുണ്ട് ഞാൻ വെള്ളം കുടിച്ചു ഇപ്പൊ എന്തുന്നു അഭ്യാസ ദശാപന്നമായ ജ്ഞാനം അവിടെ പ്രമാത്വനിശ്ചയം ഉണ്ടാവും അത് അനുമാനത്തിലൂടെയാണ് ഇപ്പൊ പ്രമാതി എങ്ങനെ ഉണ്ടായി ഇന്ദ്രിയാർത്ഥ സന്നികർഷത്തിലൂടെ ജ്ഞാനമുണ്ടായി ആ ജ്ഞാനത്തെ എങ്ങനെ അറിഞ്ഞു അനുവസായത്തിലൂടെ ആ ഞാനം അയക്കൊണ്ടായി ശരിക്ക സംഭവിക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതം ജലമെന്ന് പറയുന്ന ജ്ഞാനം ആത്മാവിൽ സ്വായ സംബന്ധത്തിൽ ഉണ്ടാവുകയാണ് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ അയാൾക്ക് ജലജ്ഞാനം ഉണ്ടാകുന്ന ഇപ്പോ അഹം എന്ന് അനുവ്യവസായം ഉണ്ടാകുമ്പോഴാണ് ാണ് അയാളിൽ ജലജ്ഞാനം ഉണ്ടാവുന്നത് ആത്മാവിൽ ജലജ്ഞാനം സ്വായ സംബന്ധത്തിൽ ഉണ്ടായാൽ താൻ അതിനെ അറിയണ്ടേ താനറിയുന്നത് അനുവ്യവസായത്തിലാണ് അതുകൊണ്ടാണ് അനുവ്യവസായ ജ്ഞാനത്തിന്റെ വിഷയമാണ് വ്യവസായ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോഴേ അയാൾക്ക് ബോധം ഉണ്ടാകുന്നുള്ളൂ എന്താണ് എന്നിൽ ജലജ്ഞാനം ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ ജലത്തെ അറിഞ്ഞു അങ്ങനെ പറയാൻ കഴിയുന്ന അപ്പോഴാണ് അനുവ്യവസായത്തിലാണ് അപ്പൊ ജലജ്ഞാനം അവിടെ അനുവ്യവസായത്തിന് വിഷയമായി എന്ന് പറയുന്നു അല്ലെങ്കിൽ ജലത്തെ അറിഞ്ഞു എന്ന് പറയും രണ്ടും ഒന്നാണ് ഒന്നുകിലെന്ത് പറയാം ജലജ്ഞാനം അനുഭവത്തിന് വിഷയമായി അല്ലെങ്കിൽ ജലത്തെ അറിഞ്ഞു എന്ന് പറയുന്നത് അനുഭവസായത്തിന് ശേഷമാണ് മറ്റേത് ജലജ്ഞാനം ആത്മാവിൽ സ്വവായ സംബന്ധത്തിൽ അനുഭവസായം കൊണ്ട് ജലജ്ഞാനത്തെ അറിയുന്നു ജ്ഞാനഗ്രാഹ സാമഗ്രി എന്ന് പറയുമ്പോ ഇവിടെ എന്തൊക്കെ സഹായിച്ചോ അതെല്ലാം വരും പക്ഷെ അതുകൊണ്ട് കേവലം എന്താണ് ജലജ്ഞാനം അതേ ഉണ്ടായുള്ളൂ സംശയിച്ചു ഹനുമാനം നടത്തി പിന്നെ എന്തു ചെയ്തു ഹനുമാനത്തിലൂടെ ആ ജ്ഞാനത്തിലെ ുമ്പയാളിനുണ്ടായെന്നാൽ ആ ജ്ഞാനത്തിൽ പ്രമാത്വത്തെ പ്രമാത്വത്തെ നിശ്ചയിച്ചു പ്രമാത്വം എന്ന് പറയുന്നത് തന്നെ പ്രാമാണികം അങ്ങനെ എന്തുവരുന്നു ജ്ഞാനത്തിലെ പ്രാമാണ്യത്തെ നിശ്ചയിച്ചത് ചെയ്ത് ഞാനുമാണ് നിശ്ചയിച്ചത് ഞാനുമാണ് അനുമിതി അനുഭവസായെന്ന് പറയുന്നത് ജ്ഞാനത്തെ ഗ്രഹിച്ചാണ് ഞാൻ ചോദിച്ചതല്ല ജ്ഞാനത്തിലെ പ്രാമാണ്യത്തെ നിശ്ചയിച്ച ആ ജ്ഞാനം ഏതെന്നാണ് അത് അനുമതിയാണ് അങ്ങനെ അനുമാനപ്രയോഗം നടത്തിയത് അപ്പോ അവിടെ ജ്ഞാനഗ്രാഹക സാമഗ്രി നിന്നല്ല പ്രാമാണത്തിന്റെ നിശ്ചയം ഉണ്ടായത് ജ്ഞാനഗ്രാഹക സാമഗ്രി അല്ലാത്ത മറ്റൊന്ന് അതേതാണോ അനുമാനപ്രയോഗം അതിലൂടെ ഉണ്ടായ അനിമിതി ജ്ഞാനം ആ അനുമതി ജ്ഞാനത്തിന്റെ വിഷയമാണെന്ത് അനുമതി ജ്ഞാനത്തിന്റെ വിഷയം എന്താണ് പർവ്വത വന്യുമാൻ ധൂമാ പർവ്വതോ വന്യുമാനം എന്ന് പറയുന്ന ആ അനുമതി ജ്ഞാനത്തിന്റെ വിഷയം എന്താണ് പർവ്വതോ വന്യുമാനം എന്ന് പറയുന്ന അനുമതി ജ്ഞാനത്തിന്റെ വിഷയം എന്താണ് വന്നി വന്നിയാണ് അവിടെ അതുപോലെ ഇവിടെ അനുമാനത്തിലൂടെ പ്രാമാണ്യ നിശ്ചയം ഉണ്ടായി അതൊരു ജ്ഞാനമാണ് ആ ജ്ഞാനത്തിന്റെ വിഷയം എന്താണ് പ്രാമാണ അല്ലെങ്കിൽ പ്രമാത്വം എന്തിനാ നിശ്ചയിച്ചത് പ്രമാത്വം അല്ലെങ്കിൽ പ്രാമാണ്യം അതായിരിക്കും ആനുമിതിയുടെ വിഷയം ഇതൊക്കെ അടിസ്ഥാനപരമായി ഉറച്ചു മനസ്സിലാക്കിയാലും മുമ്പോട്ട് പോകാൻ പറ്റും അതാണ് പരതക പ്രാമാണെന്ന് പറയുന്നത് മറ്റൊന്നുകൊണ്ട് പ്രാമാണ്യത്തെ നിശ്ചയിച്ചു എന്നർത്ഥം പരതപ്രാമാണ്യം എന്ന് പറഞ്ഞ എന്തിനുള്ള പ്രാമാണ്യത്തെ പ്രമേയിലുള്ള പ്രാമാണ്യത്തെ പ്രാമാണെന്ന് പറയുന്ന ഒരു ധർമ്മമാണ് ഏതെന്റെ ധർമ്മം പ്രമേഹധർമ്മമാണ് ആ പ്രാമാണത്തെയാണ് നിശ്ചയിക്കുന്നത് ധർമ്മി ഏതാണ് അപ്പൊ അതിനനുമാനത്തെ ആശ്രയിക്കേണ്ടി വന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞ അടുത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന വേദാന്ത പരിഭാഷ അവിടെ ഇതേ വിഷയം വരും അവിടെ ഒരുപാടൊന്നും ചർച്ച ചെയ്യത്തില്ലെങ്കിലും ഈ പ്രാമാണെന്ന് ഒരു വിഷയം അവിടെ കൃത്യമായി മനസ്സിലാക്കി അവിടെ പറയുമ്പോൾ മനസ്സിലാക്കും എളുപ്പമാണ് അപ്പോ നൈയായികന്മാര് പരതപ്രാമാണവാദികളാണ് ഇനി മീമാംസേരെന്താ പറയുന്നത് മീമാംസേർ സ്വതപ്രാമാണിവാദിക്കണം അവരെന്താ പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അത് മീമാംസറിൽ മൂന്നാൾക്കാരുണ്ട് ഇവിടെ പറയും എൻ്റെ നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഒന്ന് ഗുരുമതം ഗുരാരി മിശ്രൻ്റെ മതം കുമാറിൽ ഭട്ടൻ്റെ മതം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് പൊതുവെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മുഖ്യമായിട്ടും ഭട്ടമതം എന്താ പറയുന്നത് അവര് സ്വതപ്രാമാണവാദികളാകുന്നത് എങ്ങനെയാണ് ചുരുക്കത്തിൽ സ്വതപ്രാമാണ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജ്ഞാനത്തെയും പ്രാമാണ്യത്തെയും ഒരേ സാമഗ്രികൊണ്ട് തന്നെ അറിയും ഒന്നുകൊണ്ട് തന്നെ അറിയുന്നു ജ്ഞാനഗ്രാഹകമേതോ അത് തന്നെ പ്രാമാണ്യ ഗ്രാഹകം ജ്ഞാനഗ്രാഹകം ഏതാണ് കേട്ടില്ല വ്യക്തമായി കേട്ടു ഞാനഗ്രാഹകം ഉം ഞാനഗ്രാഹം എന്താണ് കഴിഞ്ഞ ദിവസം അങ്ങനെ എന്താണോ കുഴച്ചു മടച്ച് മനസിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിലാക്കുന്നത് വ്യക്തമായി തന്നെ ധരിക്കും ഇതിന്റെ മറ്റേ ക്ലാസ് കിടപ്പുണ്ട് റെക്കോർഡിങ് കേട്ടുമ അത് സംസ്കൃതത്തിലാണ് പക്ഷെ വളരെ സാവകാശത്തിൽ നിർത്തി നിറത്തി പോയ വാക്കായിട്ടാണ് പറയുന്നത് അത് പഠിക്കുന്നവരാവശ്യപ്പെട്ടുകൊണ്ട് വേണം അങ്ങനെ പറഞ്ഞു മലയാളത്തിലുള്ള അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ മലയാളത്തിൽ പറയുന്നു പ്രസൂത അർത്ഥാപ ഇത് അനുമാനത്തിലൂടെ എന്ന് വേണമെങ്കിലും പറയാം ഈ ജ്ഞാത അന്യത അനുഭൂതി പ്രസൂത അർത്ഥാപത്തി കൊണ്ടാണ് എന്തിനും ഗ്രഹിക്കുന്നത് ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു അതുകൊണ്ട് എന്നെ പ്രാമാണിത്തെയും ഗ്രഹിക്കുന്നു അർത്ഥാപത്തിയിലൂടെ ഗ്രഹിക്കുന്നു ജ്ഞാനത്തെ അതീന്ദ്രിയമായിട്ടാണ് ഭാട്ടന്മാരെ സ്വീകരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ജ്ഞാത അന്യഥ അനുഭൂതി പ്രസൂത അർത്ഥാപത്യയിലൂടെ ജ്ഞാനത്തെയും ഗ്രഹിക്കുന്നു പ്രാമായത്യം ഗ്രഹിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയല്ല ജ്ഞാനനിഷ്ഠമായ പ്രാമാണിത്തെയും ഗ്രഹിക്കുന്നു അതുകൊണ്ട് സ്വതപ്രാമാണവാദികളാണ് അവർ സ്വതപ്രാമാണ്യത്തെ പറയുന്നവർ ഇന്നത്തെ ജ്ഞാത്ത എന്താണെന്ന് മനസ്സിലാവുന്നത് എന്താണ് ജ്ഞാത ഉം എന്നാണോ പറഞ്ഞത് പോയിരിക്കുന്ന ധർമ്മം എന്ന് പറയും ജലം മയാജ്ഞാതം എന്ന് പറയുമ്പോ മീമാംസകര് പറയുന്നത് ജലത്തിൽ ജ്ഞാത എന്ന് പറയുന്ന ഒരു ധർമ്മം ഉത്പന്നമാകുന്ന അതിന് മറ്റൊരു പേരൂടെ പറഞ്ഞെന്താണ് പ്രാഗട്ട്യം പ്രാഗട്ട്യം എന്ന പേരുള്ള ജ്ഞാത അവിടെ ഉണ്ടാകുന്നതാണ് അതെങ്ങനെ ജ്ഞാനം ജലജ്ഞാനം ഉണ്ടാകുമ്പോൾ ആർക്കാണോ ഉണ്ടാകുന്നത് ഒരു മുന്നിൽ ഉണ്ടാവണം ജലം കണ്ടിട്ട് ജലമെന്ന് അറിയണം അവനങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവന് സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ആ ജലത്തിൽ എന്ത് ചെയ്യുന്നു അങ്ങനെ അപ്പോ അവരവിടെ ഉപയോഗിക്കുന്ന അർത്ഥാപത്യ എന്താണ് ജ്ഞാനം കൂടാതെ ജ്ഞാത ഉണ്ടാകത്തില്ല അതാണ് അവരുടെ അർത്ഥാപത്തി അന്യത അനുപന്നമാണ് അങ്ങനെ ജ്ഞാനം കൂടാതെ അത് ഉണ്ടാകത്തില്ല ഞാനീന്ദ്രമാണല്ലോ അപ്പൊ ജ്ഞാനമുണ്ടെന്ന് അങ്ങനെ അറിയും അപ്പൊ ജ്ഞാനം കൂടാതെ ജ്ഞാത ഉണ്ടാകത്തില്ല ജ്ഞാത ഉണ്ട് ഇവിടെ അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നു അപ്പോ എന്തുവരുന്നു അന്യതാ അനുഭവത്തി പ്രസൂത അർത്ഥാപത്തി എന്ന് പറയുന്നത് അന്യതാ അനുഭവത്തി കൊണ്ടുണ്ടാകുന്ന ആർത്ഥാപത്തില്ലാതെ ജ്ഞാത ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു യുക്തി അതുകൊണ്ട് എന്തുവരുന്നു ജ്ഞാനമുണ്ടെന്ന് ജ്ഞാനത്തെ ഗ്രഹിക്കുന്നു ആർത്ഥാപത്യം ഐക്തിയിലൂടെ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു ജ്ഞാനം ഉണ്ടാകുന്നു അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു ജ്ഞാനത്തിന്റെ പ്രമാത്വത്തെയും അപ്പൊ അതിന് ജ്ഞാത എന്ന് പറയുന്ന അവരംഗീകരിക്കാനൊരു കാരണം പറഞ്ഞു എന്താണ് കടത്തെ അറിയുമ്പോ കടത്തിന്റെ ഞാനേ ഉണ്ടാകുന്നു പടം ഞാനം ഉണ്ടാകുന്നു എന്തുകൊണ്ട് കടത്തിൽ ഞാതതയുണ്ടായി അതുകൊണ്ട് കടംഞാനം പടത്തിൽ ഞാത ഉണ്ടായി അതാണ് അവര് പറയുന്ന എന്ത് അന്യതാ അനുഭൂതി കൊണ്ട് ജ്ഞാനത്തെ സ്വീകരിക്കുന്നു അതുപോലെ വിഷയത്വ അന്യത അനുപത്യതയുണ്ടാവും വിഷയത്വ അന്യത അനുപത്യ വിഷയത്തിൽ ജ്ഞാതമുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ജലത്തിൽ ജ്ഞാതയുണ്ടായാലേ അതിന് വിഷയത്വം വരത്തുള്ളൂ അപ്പൊ അവിടെ ജ്ഞാതത ഉണ്ടാകാതെ വിഷയത്വം വരത്തില്ല അപ്പൊ വിഷയത്വത്തിന്റെ അന്യതാനുപത്വം എന്നിട്ട് ജ്ഞാതത കൂടാതെ വിഷയത്വം ഉണ്ടാകാത്തത് കൊണ്ട് എന്ന് പറയുന്നു ആ വിഷയത്വം അവിടെ ശ്രദ്ധിക്കണമെങ്കിൽ അവിടെ ജ്ഞാതത ഉണ്ടാകും ജ്ഞാതയുള്ളതുകൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത് അപ്പോ ജ്ഞാത അന്യതാനുപത്യ ജ്ഞാനം വിഷയത്വ അന്യതാനുപത്യ ജ്ഞാത മനസിലായ ജലം അത് എന്നെ അറിയിപ്പാതെ വിഷയമാണല്ലോ അത് വിഷയമാകുന്നത് എന്തുകൊണ്ട് അവർ പറയുന്ന ഒരു ജ്ഞാത ഉണർവുണ്ട് അതുകൊണ്ടാണ് അത് വിഷയമാകുന്നത് എന്തുകൊണ്ട് പടം വിഷയമാകുന്നില്ല പഠത്തിൽ ജ്ഞാതതല്ല എവിടെ ജ്ഞാതയുണ്ടായോ അത് വിഷയമാകും അത് വിഷയത്വ അന്യതാനുപത്യ ജ്ഞാത അങ്ങനെയാണെങ്കിൽ ജ്ഞാത എങ്ങനെയുണ്ടായി പറയുന്നു എന്താണ് ജലത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി ജ്ഞാനം ഉണ്ടാകാതെ ഞാതത ഉണ്ടാകത്തില്ല അതുകൊണ്ട് ജ്ഞാതഅന്യതാനുപത്യ ജ്ഞാന അതുകൊണ്ട് തന്നെ പ്രാമാണിം അന്യ പ്രമാത്രം ഇപ്പൊ ജ്ഞാതയ്ക്ക് പറയുന്ന യുക്തിയാണ് എന്ത് ഇപ്പൊ പറഞ്ഞത് ജ്ഞാതയ്ക്കാണോ ജ്ഞാത എന്ന് പറയുന്നത് അത് ജ്ഞാനത്തിന് ജ്ഞാതയ്ക്ക് പറയുന്നത് എന്താണോ വിഷയത്വം അന്യത എന്നും അപ്പോൾ ഈ ജ്ഞാത അതിന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ് ഞാതതാന്ന് പറയുന്ന ആ വിഷയത്തിലാണ് ഉണ്ടാവും വിഷയം വേണം ഞാതം ഉണ്ടാവും ഞാനുണ്ടായെങ്കിൽ തീർച്ചയായും അവിടെ ഞാതനുണ്ടായി കാരണം ജ്ഞാതം മയ എന്ന അനുഭവമുണ്ട് അനുഭവത്തിൽ പറയുന്നത് അവിടെ ജ്ഞാതനുണ്ട് അവിടെ താർക്കികന്മാരെ ജ്ഞാതാ എന്ന് പറയുന്ന സ്ഥാനത്തെ അംഗീകരിക്കുന്നല്ല അവര് ചോദിക്കുന്നത് നിങ്ങക്ക് ജലം ജ്ഞാതം എന്നല്ലേ പറയുന്നത് അപ്പൊ ജലത്തിന് ജ്ഞാത ഉണ്ടായിരുന്നല്ലേ പറയുന്നു അതീത ജലം എന്നൊരു ജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പൊ ഇല്ലാത്ത മുമ്പ് ഉണ്ടായിരുന്ന ജലം ഭാവി ജലം ഇനി ഉണ്ടാകാൻ പോകുന്ന ജലം അങ്ങനെ നിങ്ങൾക്ക് അറിവുണ്ടാകുന്നുണ്ടോ ഒരാൾക്ക് അറിയാമല്ലോ ഒരു ജലം നശിച്ചുപോയി പഴയ ജലം എന്നൊരാൾ പറയുന്നു അപ്പൊ ഇപ്പൊ ഭൂതകാലത്ത് ജലത്തെക്കുറിച്ച് അറിവുണ്ടായി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ജലം അടുത്ത ആണ്ടിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പറയാറുണ്ട് അപ്പൊ ഭൂതഭാവി വിഷയങ്ങളെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നു നിങ്ങൾ പറയുന്നത് ജ്ഞാത ജ്ഞാനം ഉണ്ടായതുകൊണ്ട് അവിടെ ജ്ഞാതത ഉണ്ടാവുന്നു എന്നാണ് ചോദിക്കുന്നു ഭൂതഭാവി വിഷയങ്ങളിൽ എങ്ങനെ ജ്ഞാത ഉണ്ടാവും എന്നുണ്ടവിടെ വിഷയങ്ങളെ ഇല്ലല്ലോ പിന്നെ അതിന്റെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും കാരണം ജ്ഞാതയുണ്ടാവണമെങ്കിൽ ജ്ഞാനത്തിന്റെ വിഷയം അവിടെ വേണം ഒരു വിഷയം വേണം ഭൂതഭാവി വിഷയങ്ങളിപ്പോ ഉണ്ടാവും ഭൂതം കടന്നുപോയി ഭാവി ഇന്ന് വരാവുന്നതാണ് അപ്പോ ഭൂതഭാവിയുടെ ജ്ഞാനം എങ്ങനെ ഉണ്ടാകും കാരണം ഭൂതഭാവി ധർമ്മികളില്ലാത്തതുകൊണ്ട് അവിടെ ജ്ഞാത എന്ന് പറയുന്ന ധർമ്മം ഉണ്ടാകത്തില്ല ജ്ഞാത അവിടെ ഉണ്ടാകത്തില്ല അപ്പോ ജ്ഞാനം ഉണ്ടായാൽ ജ്ഞാത ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നതിന് അർത്ഥമില്ല കാരണം ഭൂതകാലത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകാം പക്ഷെ ജ്ഞാത അവിടെ ഉണ്ടാകാത്ത കാരണം അവിടെ ധർമ്മിയായ വിഷയമില്ല ഭാവിയിലുമില്ല കൊണ്ടത് ശരിയല്ല പിന്നെ മറ്റൊരു ദോഷവും പറഞ്ഞു കഴിഞ്ഞു സ്വന്താണ് ജ്ഞാതയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജ്ഞാതയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകും ഉണ്ടാവണമല്ലോ എന്ന് പറയുന്നൊരു പദാർത്ഥത്തെ അറിഞ്ഞിക്കല്ലേ പറയുന്നത് അപ്പൊ ജ്ഞാതയുടെ ജ്ഞാനം ജ്ഞാതയുടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം ജ്ഞാതയില് ജ്ഞാത കാരണം ഞാനുണ്ടായ ഞാതത ഉണ്ടാവണം വീണ്ടും ആ ഞാതയുടെ ഞാനോ ഉണ്ടാവും ഞാനോണ്ടാവുമ്പോൾ മീണ്ടവിടെ എന്തോരം ജ്ഞാത ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അനവസ്ഥോഷണം അപ്പോ മീമാംസം പറഞ്ഞ അതിന്റെ ആവശ്യമില്ല ജലത്തെക്കുറിച്ച് ഞാനുണ്ടായി ഞാനത് മനസ്സിലാക്കി ജ്ഞാതന്ന് ജ്ഞാതയെ കുറിച്ച് ജ്ഞാനം ഉണ്ടാകുന്നതിന് ഇനി ഒരു ജാത ഉണ്ടാകണ്ട മതി എന്ന് പറയാം എന്ന് മീമാംസം പറയും എന്താണ് ജലത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടായതു കൊണ്ട് ജ്ഞാത ഉണ്ടായി ജ്ഞാതയെ കുറിച്ച് ജ്ഞാനം ഉണ്ടായാൽ പിന്നെ ജ്ഞാനത ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് അവിടെ ജ്ഞാതത ഉണ്ടല്ലോ പിന്നെ ഇനി ഉണ്ടാകുന്നു എന്ന് മീമാംസേനു പറയാം മനസ്സിലായോ ജലത്തെക്കുറിച്ച് ഞാനുണ്ടായപ്പോ എന്തുണ്ടായി ജ്ഞാതയെക്കുറിച്ച് ഞാനുണ്ടായാൽ ഇനി ഞാത ഉണ്ടാവത്തില്ല എന്തുകൊണ്ട് ജ്ഞാതമുണ്ട് ഇനി ഇനി എന്തിനുണ്ടാവും എന്ന് പറഞ്ഞാൽ നയ്യായും ചോദിക്കും അങ്ങനെയാണെങ്കിൽ ജലത്തെക്കുറിച്ച് ഞാനുണ്ടായപ്പോൾ ജലമുണ്ടല്ലോ അവിടെ പിന്നെന്തിനാ ജ്ഞാത നിങ്ങൾ ജ്ഞാതയെക്കുറിച്ച് ഞാനുണ്ടാകുമ്പോൾ അവിടെ മറ്റൊരു ജ്ഞാതയെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ജലത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതിൽ പിന്നെ എന്തിനാണ് വേറെ ജ്ഞാതയെ സ്വീകരിക്കും ജലം മതിയോടെ ജ്ഞാനവും ജലവും തമ്മിൽ വിഷയി വിഷയഭാവസംബന്ധം അത് സ്വീകരിച്ചാൽ മതി ജ്ഞാതയുടെ ആവശ്യമേ ഇല്ല അതുകൊണ്ട് ജ്ഞാത അന്യഥ അനുഭൂതി പ്രസുതർത്താപത്തി കൊണ്ട് ജ്ഞാനവും പ്രാമാണ്യവും ജ്ഞാനനിഷ്ടപ്രാമാണവും വിവരിക്കുന്നു എന്ന് പറയുന്നത് അസംബന്ധമാണ് എന്നാരും പറയും ചിന്തിച്ച് മനസ്സിലാക്കി